വീട് പഴയതാണ് ലിസൻ ഒള്ളി നിന്റെ പുതിയ വീട് എങ്ങനെ സാധാരണ വാടക വീട് തന്നെ കുറച്ചൊക്കെ വലിയതാണ് പക്ഷേ എന്താ പക്ഷേ വാടക കൂടുതലാണോ അല്ലല്ല വാടക അത്ര അല്ല പിന്നെന്താ ആ വീടും പഴയതാണ് തോമസ് വാതിലും ജനലും എല്ലാം വളരെ പഴയ മോഡലാണ് അതൊന്നും ഒട്ടും നല്ലതല്ല മുറികളും തീരെ ചെറുത് അടുക്കള മാത്രം കുറച്ച് ഭേദം അത് ശകലം വലുതാണ് വായന അത്ര ചെറുതല്ല അതെങ്കിലും ഒരു സമാധാനമല്ലേ അത് മാത്രമല്ല ഞങ്ങളുടെ ഏറ്റും പുതിയതാണ് അതും നല്ലത് എത്രയാണ് വാടക തൊണ്ണൂറ് തൊണ്ണൂറോ അത് ഇക്കാലത്ത് വലിയ ലാഭമല്ലേ ആരാണ് വീട്ടുടമസ്ഥൻ ഒരു മിസ്റ്റർ പി എൻ മേനോ അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് വളരെ നല്ല മനുഷ്യനാണ് ഭാര്യയും അത് നല്ല സ്ത്രീയാണ് വാസ്തവത്തിൽ വീട് അവരുടേതാണ് അതവരുടെ തറവാട്ടോഹരിയാണ് അവരും അതിൻ്റെ അടുത്താണോ അല്ല അവരെല്ലാം അങ്ങ് സിംഗപ്പൂരിലാണ് അവരുടെ മരുമകൻ അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഏതോ വലിയ ഉദ്യോഗത്തിലാണ് ലിസൺ ആൻഡ് റിപ്പീറ്റ് എന്റെ പുതിയ വീടെങ്ങനെ എൻറെ പുതിയ വീടെങ്ങനെ സാധാരണ വാടക വീട് തന്നെ സാധാരണ വാടക വീട് തന്നെ കുറച്ചൊക്കെ വലിയതാണ് പക്ഷേ ൊക്കെ വലിയതാണ് പക്ഷേ എന്താ പക്ഷേ വാടക കൂടുതലാണോ എന്താ പക്ഷേ വാടക കൂടുതലാണോ അല്ലല്ല വാടക അത്ര അല്ലല്ല വാടകയാത്ര കൂടുതലൊന്നും അല്ല പിന്നെന്താ പിന്നെന്താ ആ വീട് പഴയതാണ് തോമസ് ആ വീട് പഴയതാണ് തോമസ് വാതിലും ജനലുമെല്ലാം വളരെ പഴയ മോഡലാണ് വാതിലും ജനലുമെല്ലാം വളരെ പഴയ മോഡലാണ് അതൊന്നും ഒട്ടും നല്ലതല്ല അതൊന്നും ഒട്ടും നല്ലതല്ല മുറികളും തീരെ ചെറുത് മുറികളും തീരെ ചെറുത് അടുക്കള മാത്രം കുറച്ചു ഭേദം അടുക്കള മാത്രം കുറച്ച് ഭേദം അത് ശകലം വലുതാണ് അത് ശകലം വലുതാണ് വായന മുറിയുടെ അത്ര ചെറുതല്ല വായന അത്ര ചെറുതല്ല അതെങ്കിലും ഒരു സമാധാനമല്ലേ അതെങ്കിലും സമാധാനമല്ലേ അതുമാത്രമല്ല ഞങ്ങളുടെ ഗേറ്റും പുതിയതാണ് അതുമാത്രമല്ല ഞങ്ങളുടെ ഗേറ്റും പുതിയതാണ് അതും നല്ലത് തന്നെ എത്രയാണ് വാടക അതും നല്ലത് എത്രയാണ് വാടക തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറോ അതിക്കാലത്ത് വലിയ ലാഭമല്ലേ തൊണ്ണൂറോ അധികാലത്ത് വലിയ ലാഭമല്ലേ ആരാണ് വീട്ടുടമസ്ഥൻ ആരാണ് വീട്ടുടമസ്ഥൻ ഒരു മിസ്റ്റർ പി എൻ മേനോൻ അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് ഒരു മിസ്റ്റർ പി എൻ മേനോൻ അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് വളരെ നല്ല മനുഷ്യനാണ് വളരെ നല്ല മനുഷ്യനാണ് ഭാര്യയും അതെ നല്ല സ്ത്രീയാണ് ഭാര്യയും അതെ നല്ല സ്ത്രീയാണ് വാസ്തവത്തിൽ വീട് അവരുടേതാണ് വാസ്തവത്തിൽ വീട് അവരുടേതാണ് അത് അവരുടെ തറവാട്ടോഹരിയാണ് അത് അവരുടെ തറവാട്ടോഹരിയാണ് അവരും അതിന്റെ അടുത്താണോ അവരും അതിൻ്റെ അടുത്താണോ അല്ല അവരെല്ലാം അങ്ങ് സിംഗപ്പൂരിലാണ് അല്ല അവരെല്ലാം അങ്ങ് സിംഗപ്പൂരിലാണ് അവരുടെ മരുമകൻ അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഉദ്യോഗത്തിലാണ് അവരുടെ മരുമകൻ അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഏതോ വലിയ ഉദ്യോഗത്തിലാണ് ഡ്രിൽസ് റെപ്പറ്റീഷൻ ഡ്രിൽ ആ വീട് പുതിയതാണ് ആ വീട് പുതിയതാണ് ഈ കവിത നല്ലതാണ് ഈ കവിത നല്ലതാണ് ആ മുറികളും തീരെ ചെറുതല്ല ആ മുറികളും തീരെ ചെറുതല്ല ഈ പുസ്തകങ്ങളും വളരെ പഴയതാണ് ഈ പുസ്തകങ്ങളും വളരെ പഴയതാണ് ഗേറ്റ് വളരെ വലിയതല്ല ഗേറ്റ് വളരെ വലിയതല്ല അടുക്കള വായന മുറിയുടെ അത്ര ചെറുതല്ല അടുക്കള വായന മുറിയുടെ അത്ര ചെറുതല്ല എന്റെ വീട് നിന്റെ വീട്ടിന്റെ അത്ര വലുതല്ല എന്റെ വീട് നിന്റെ വീടിന്റെ അത്ര വലുതല്ല സരളയുടെ കവിത നിന്റെ കവിതയുടെ അത്ര നല്ലതല്ല കവിത നിന്റെ കവിതയുടെ അത്ര നല്ലതല്ല ബിൽഡ് ഡ്രിൽ മോഡൽ ആണ് ആണ് നല്ലത് നല്ലതാണ് വളരെ വളരെ നല്ലതാണ് കവിത ാണ് പുതിയ പുതിയ കവിത വളരെ നല്ലതാണ് ഏറ്റവും പുതിയ കവിത വളരെ നല്ലതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കവിത വളരെ നല്ലതാണ് നൗ ഫോളോ ദോഡൽ അല്ല അല്ല വലുത് വലുതല്ല അത്ര അത്ര വലുതല്ല വീട്ടിന്റെ വീട്ടിന്റെ അത്ര വലുതല്ല സ്വന്തം സ്വന്തം വീട്ടിന്റെ അത്ര വലുതല്ല നിന്റെ സ്വന്തം വീട്ടിന്റെ അത്ര വലുതല്ല നിന്റെ സ്വന്തം വീട്ടിൻറെ അത്ര വലുതല്ല എന്റെ എന്റെ വാടക വീട് നിന്റെ സ്വന്തം വീട്ടിന്റെ അത്ര വലുതല്ല നല്ലതാണ് വളരെ വളരെ നല്ലതാണ് കവിതകളൊക്കെ കവിതകളൊക്കെ വളരെ നല്ലതാണ് ആ കവിതകളൊക്കെ വളരെ നല്ലതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ കവിതകളൊക്കെ വളരെ നല്ലതാണ് പ്രീ സ്റ്റേറ്റ്മെന്ററിൽ മോഡൽ വൺ ഇത് ഈ പുസ്തകം പുതിയതാണ് നൗ ഫോളോ ദോഡൽ അത് പഴയ കഥയാണ് ആ കഥ പഴയതാണ് ഇത് വലിയ വീടാണ് ഈ വീട് വലിയതാണ് അത് ചെറിയ കവിതയാണ് ആ കവിത ചെറിയതാണ് അത് പുതിയ കെട്ടിടമാണ് ആ കെട്ടിടം പുതിയതാണ് ഇത് ചെറിയ കടയാണ് ഈ കട ചെറിയതാണ് ഇത് നല്ല മുറിയാണ് ഈ മുറി നല്ലതാണ് അത് നാലാമത്തെ വീടാണ് ആ വീട് നാലാമത്തേതാണ് മോഡൽ ടു അവ നല്ല പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങൾ നല്ലതാണ് ആ പുസ്തകങ്ങൾ നല്ലവയാണ് നൗ ഫോളോ ദോഡൽ ഇവ വലിയ കവിതകളാണ് ഈ കവിതകൾ വലിയവയാണ് ഇവ ചെറിയ കടകളാണ് ഈ ൾ ചെറിയതാണ് അവ നല്ല വീടുകളാണ് ആ വീടുകൾ നല്ലതാണ് ഇവ പഴയ റോഡുകളാണ് ഈ റോഡുകൾ പഴയവയാണ് അവ നല്ല പൂന്തോട്ടങ്ങളാണ് ആ പൂന്തോട്ടങ്ങൾ നല്ലവയാണ് മോഡൽ ത്രീ അതെ പഴയ പുസ്തകമാണ് ആ പഴയ പുസ്തകം എന്റേതാണ് നൗ ഫോളോ ദ മോഡൽ അത് നമ്മുടെ പഴയ ഓഫീസാണ് ആ പഴയ ഓഫീസ് നമ്മുടേതാണ് അത് അദ്ദേഹത്തിന്റെ പുതിയ നോവലാണ് ആ പുതിയ നോവൽ അദ്ദേഹത്തിൻ്റെതാണ് അത് ഇവരുടെ നല്ല കൃതിയാണ് ആ നല്ല കൃതി ഇവരുടേതാണ് ഇത് ഞങ്ങളുടെ പുതിയ ലൈബ്രറി കെട്ടിടം അല്ല ഈ പുതിയ ലൈബ്രറി കെട്ടിടം ഞങ്ങളുടേതല്ല അത് അവരുടെ വലിയ നഴ്സറി സ്കൂൾ ആ വലിയ നേഴ്സറി സ്കൂൾ അവരുടേതാണ് റെസ്പോൺസ് ഡ്രിൽ മോഡൽ നമ്മുടെ മുറി വളരെ അതെ നമ്മുടെ മുറി വളരെ നല്ലതാണ് അല്ല നമ്മുടെ മുറി വളരെ നല്ലതല്ല നൗ ഫോളോ ദോഡൽ നിങ്ങളുടെ വീട് പുതിയതാണോ അതെ അല്ല ഈ കഥ നല്ലതാണോ അതെ അല്ല ഈ പഴയ കെട്ടിടം നിങ്ങളുടേതാണോ അതെ അല്ല ആ നേഴ്സറി സ്കൂൾ വളരെ ചെറുതല്ലേ അതെ അല്ല നമ്മുടെ പുസ്തകങ്ങളും നല്ലതല്ലേ അതെ അല്ല ഈ ക്ലാസ് തീരെ ചെറുതല്ലേ അതെ അല്ല